നമ്മളിവിടെ ആ നദീനെക്കുറിച്ച് കേട്ടാൽ തന്നെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ജോൺസ് സെവൻ തേർട്ടി സെവൻ തേർട്ടി സെവൻ ആൻഡ് തേർട്ടി എയ്റ്റ് മുപ്പത്തിയേഴ് മുപ്പത്തി യോനുശേഷം ഏഴെൻ്റെ മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് ഉത്സവത്തിന്റെ മഹാദിവസമായ ദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു ഈ ജീവജലത്തിന്റെ നദികളെ നമ്മൾ വളരെ മനോഹരമായിട്ട് അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ജീവിതത്തെ ഞാൻ എപ്പോഴും ആലോചിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ഈ ജീവജല നദി എന്ന് പറയുന്നത് അതാണ് ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത് പക്ഷെ പലപ്പോഴും അത് ഒരു പ്രാക്ടിക്കലി സ്പീക്കിംഗ് യാഥാർത്ഥ്യമായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അത് സംഭവിക്കുന്നില്ല അപ്പോൾ ഇവിടെ നമ്മൾ പലപ്പോഴും ഈ രണ്ടാമത്തെ ആ ഫൈനൽ സ്റ്റേജിലാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ രണ്ട് സ്റ്റേജ് ഇവിടെ കാണുന്നുണ്ട് ഒന്ന് മൂന്ന് കാര്യങ്ങൾ കർത്താവ് അവിടെ പറയുന്നുണ്ട് ദാഹിക്കുന്നവർ റൈറ്റ് ഒന്നാമത് നമുക്ക് എന്തോ ഉണ്ടായിരിക്കേണ്ടത് ദാഹമുണ്ടായിരിക്കണം അങ്ങനെ ദാഹമുള്ളവരോട് എന്ത് പറയുന്നത് എൻ്റെ അടുക്കൽ ആദ്യം എന്തു പറ വരുക ആൻഡ് ദെൻ drink, right? അപ്പം ഞാൻ വിളിക്കുക പലപ്പോഴും ഈ ദൈവം ഭോജനത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ ഈ ഈ സ്റ്റേജ് ടു രണ്ടാം ഘട്ടമാണ് നമ്മളെപ്പോഴും നോക്കുന്നത് ഈ കാണായിലെ കല്യാണത്തിന് ഓർക്കുന്നുണ്ടോ കർത്താവ് അവിടെ ഉഞ്ഞു തീർന്നു പോയപ്പോഴത്തേക്ക് കർത്താവ് അവിടെയുള്ള പൃഥ്വിമാരോട് പറഞ്ഞ് നിങ്ങൾ പോയി വെള്ളം നിറയ്ക്കുക ഭരണിയിൽ ഈ വെള്ളം അവർ വളരെ സന്തോഷത്തോടെ വെള്ളം നിറച്ചു വെള്ളം നിറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കെന്തോ ചെയ്തത് കർത്താവ് അതിനെ ഉഞ്ഞാക്കി മാറ്റി ഇപ്പോൾ ലാസറിനെ ഉയർത്തെഴുന്നേ പിച്ചപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു കർത്താവ് വന്ന് ഈ അവിടെയുള്ള ആൾക്കാരോട് എന്തോ ചോദിച്ചെന്ന് നിങ്ങൾ പോയി ആ കല്ല് അങ്ങ് മാറ്റാൻ പറഞ്ഞു കല്ലുരുട്ടി മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് കർത്താവ് പറയുകയാണ് ഓക്കെ ലാസറെ നീ പുറത്തു പോരുക എന്നുള്ളത് കർത്താവിന് ശരിക്കും അത് ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു ശരിക്കും കർത്താവിനാണ് പറയുന്നത് ലാസറെ നീ ഇങ്ങോട്ട് പോരുക കർത്താവ് എതുമാത്രം ശക്തിയുള്ള ഇത്രയും വളരെ ശക്തിയുള്ള ദൈവത്തിന് ഒരിക്കലും ഈ ഈ കല്ല് ഉരുട്ടി മാറ്റേണ്ട കാര്യമില്ല അതുപോലെ തന്നെ കർത്താവിനോട് പറഞ്ഞ് ഇവിടെ വീഞ്ഞുണ്ടാകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഞ്ഞുണ്ടാവുക അവിടെ പക്ഷെ എന്തുകൊണ്ടാണ് കർത്താവ് ആ പൃഥ്തിമാരോടങ്ങനെ പറഞ്ഞത് ആ പൃഥ്തിമാരുടെ ആറ്റിറ്റ്യൂഡ് നോക്കിയാൽ അവർ ഇത് കേട്ട ഉടനെ അവരെന്തോ ചെയ്തത് വളരെ സന്തോഷത്തോടുകൂടി അവർ ആ വെള്ളത്തിൽ ഭരണി നിറയ്ക്കുമായിരുന്നു അതുപോലെ തന്നെ ഈ കർത്താവ് പറഞ്ഞ ഉടനെ ഈ ഭൃതിയന്മാർ പോയി ഈ ഇത് ഉരുട്ടി മാറ്റുമായിരുന്നു നമ്മളെപ്പോഴും ആ രണ്ടാമത്തെ കാര്യത്തിൽ രസയിക്കുന്നത് കർത്താവ് ലാസ്റ്റർ ഇങ്ങനെ ഉയർത്തു വരുന്നു അത് ഭയങ്കര മിറക്കളാണ് അല്ലെങ്കിൽ വെള്ളം വീഞ്ഞാവുന്നു ഭയങ്കര മിറക്കളാണ് പക്ഷെ അതിന് മുമ്പത്തെ ഒരു കാര്യമുണ്ട് ചെറിയ കാര്യമാണ് ആ ആ സ്റ്റേജ് വണ് എന്നുള്ള കാര്യം അവിടെയാണ് ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നത് ഇപ്പം ഈ ഭൃത്തിമാര്ക്ക് വേണേൽ പറയാമില്ല എൻ്റെ നീ എന്തിനാ ഞങ്ങളെങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് കാര്യം നിനക്ക് ജസ്റ്റ് നീ ഇപ്പം ഈ ദൈവം ഈ ലോകത്തിൻ്റെ ദൈവമാണ് നിനക്ക് ജസ്റ്റ് വീഞ്ഞെന്ന് ആകാന്ന് പറഞ്ഞാൽ അന്നേരം തന്നെയാവും എന്തിനാണ് നീ നിങ്ങളെ എങ്ങളെ കൊണ്ട് ഇനി ചെയ്യിപ്പിക്കുന്നത് പക്ഷെ അങ്ങനെ പറഞ്ഞില്ല അവർ വളരെ ഉത്സാഹത്തോടുകൂടി ആ വെള്ളം നിറച്ചു ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ വെള്ളം നിറയ്ക്കുന്നതും ഈ യൂരിറ്റി മാറ്റുന്നതും ഇത് നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണ് അല്ലേ രണ്ടാമത്തെ കാര്യം നമ്മളെ കൊണ്ട് ഒരിക്കലും സാധിക്കുന്നത് വെള്ളം വീഞ്ഞാക്കാൻ ഇവിടെ ആർക്കെങ്കിലും പറ്റുമോ നമ്മളെ കൊണ്ട് ആർക്കും പറ്റത്തില്ല പക്ഷെ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഈ ഭരണിക്കകത്ത് വെള്ളം ഒഴിക്കുക എന്നുള്ളത് സി ഇവിടെയാണ് ദൈവത്തിന്റെ ആ നമ്മൾ ഇന്ന് കേട്ടപ്പോ ജോജി പറഞ്ഞു കേട്ട പോലെ ദൈവിക സമാധാനവും ദൈവിക സന്തോഷവും ഇതുപോലെയുള്ള ജീവജലനദി ഇതെല്ലാം നമ്മൾ അനുഭവിക്കണമെങ്കിൽ ചെറിയ കാര്യങ്ങളാണ് കർത്താവ് നമ്മളെ പറയുന്നത് ദാഹം ഉണ്ടായിരിക്കണം അതായത് അതിൻ്റെ അർത്ഥം എനിക്ക് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ജീവിതത്തിൽ എപ്പോഴും സത്യസന്ധത ആയിട്ട് ഉള്ളവരായിട്ട് ജീവിക്കാൻ ചെറിയ കാര്യങ്ങളിലും ഏറ്റവും കൂടുതൽ സത്യസന്ധതയോടുകൂടി ജീവിക്കുക ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എല്ലാ സാഹചര്യങ്ങളിലും സത്യസന്ധതരാകാൻ പറ്റുമോ ഒരു യേസ് ഒന്നോ പറയാമോ അത് അത് ഒത്തിരി ചിന്തിക്കേണ്ട കാര്യമുണ്ട് അതിനെക്കുറിച്ച് സത്യസന്ധ സത്യസന്ധരാണോ എന്നല്ല ഞാൻ ചോദിക്കുന്നത് അത് അതിൻ്റെ ആൻസർ നമ്മൾക്ക് എല്ലാവർക്കും കുറേ നോയാണ് നമ്മൾ വളരെ പ്രാവശ്യം സത്യസന്ധരാണ് പക്ഷേ സത്യസന്ധ സത്യസന്ധരാകാൻ പറ്റുമോ നമുക്ക് പറ്റുമോ അതിൻ്റെ ആൻസർ ഒന്ന് കേട്ടാൽ കൊള്ളാമായിരുന്നു ഓക്കെ സി നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നവർ ഓരോ നിമിഷം ഏത് സാഹചര്യത്തിലും ചെറിയ കാര്യങ്ങളിലും വിശ്വസരും സത്യസന്ധരും എന്നുള്ളത് അതാണ് ആ ടാസ്ക് വൺ ആ സ്റ്റേജ് വൺ എന്നുള്ള കാര്യം അതുപോലെ നമ്മൾ കേട്ട കാര്യം താഴ്മ ഇവിടെ ദാഹിക്കുന്നവർ എൻ്റെ അടുക്കിൽ വരുക അല്ലെങ്കിൽ വരുക എന്നുള്ളത് ഇപ്പം ഞാനിപ്പം എനിക്കൊരു ദാ എനിക്കെന്തോ എങ്കിലും സംഭവിച്ചോ അപ്പോൾ ഞാനൊരു ഞാനിങ്ങനെ ആലോചിക്കുവായിരുന്നു നമ്മൾ പലപ്പോഴും ഒരു നമുക്കൊരു തലവേദന ഉണ്ടാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു വയറുവേദന ഉണ്ടായി നമ്മൾ സാധാരണ എന്തു വരുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ എനിക്ക് ഒത്തിരി അറിയത്തില്ല നാട്ടിൽ അവിടെ ഞങ്ങൾ ഒരു ഫാർമസിയിൽ പോയിട്ട് ഓവർ ദ കൗണ്ടർ മെഡിസിൻ എന്ന് പറയും അവിടെ നമ്മൾ ഫാർമസിസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ട നമ്മൾ ജസ്റ്റ് അവിടെ പോയിട്ട് പല തരത്തിലുള്ളതുകൊണ്ട് വയറുവേദനയ്ക്കുണ്ട് തലവേദനയ്ക്കുണ്ട് അങ്ങനെ പല കുറിപ്പുകളിങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മൾ ഓക്കെ എനിക്കിപ്പോൾ വയറുവേദനയാണെങ്കിൽ ഞാൻ വയറുവേദനയുടെ ഒരു മെഡിസിൻ ഞാനിങ്ങനെ മേടിച്ചിട്ട് കഴിക്കുന്നു റൈറ്റ് പക്ഷേ എനിക്കൊരു ഡീപ്പറായിട്ടുള്ള എന്തെങ്കിലും ഒരു രോഗമാണ് ഞാൻ എന്തോ ചെയ്യുന്നത് ഞാൻ ഞാനൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോകും പക്ഷെ ഡോക്ടർ എനിക്ക് എന്നിട്ട് ഒരു ഒരു സാധനം ഒരു പ്രിസ്ക്രിപ്ഷൻ തരും മലയാളത്തിൽ എന്താ പറയുക കുറിപ്പെന്ന് ഒരു കുറിപ്പെങ്കിൽ തന്നെ കാര്യം അപ്പം ഈ കുറിപ്പിനകത്ത് എഴുതിയിരിക്കുന്നത് എനിക്ക് വലിയ കാര്യമായിട്ട് എനിക്ക് വലിയ ഗ്രാഹ്യമൊന്നുമില്ല പക്ഷെ ഞാനിതുകൊണ്ട് ഫാർമസിസ്റ്റിൻ്റെ അടുത്ത് കൊടുത്തിട്ട് അയാളാണ് എനിക്ക് തരുന്നത് അപ്പം ഇവിടെ എനിക്കതിനായിട്ട് എനി എനിക്കാകെപ്പാട് അറിയുന്ന ഒരു കാര്യമുള്ളൂ എനിക്കൊരു രോഗമുണ്ട് എനിക്ക് വളരെ സംതിങ് എനിക്ക് വളരെ പ്രയാസകരമായിട്ടൊരു രോഗമാണ് അപ്പം ഞാനൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഞാൻ ഈ ഫാർമസിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ഒന്ന് വിചാരിച്ച് ചോദിക്കുക നമ്മൾ ഈ ഫാർമസിസ്റ്റിനോട് പറയാണ് ഓക്കെ എനിക്ക് ഈ മരുന്ന് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നുള്ള എല്ലാ കാര്യങ്ങളും നീ എനിക്ക് പറഞ്ഞുതരാമെന്ന് ചോദിക്കും ആരെങ്കിലും നമ്മളങ്ങനെ ചോദിക്കുക അല്ലെങ്കിൽ ഡോക്ടറിനോട് നമ്മൾ ചോദിക്കുമോ നമ്മൾ എന്ന് കാരണം നമുക്കൊരു വിശ്വാസം എന്താ ഈ ഡോക്ടർ എന്നെക്കാളും കൂടുതൽ പഠിച്ചതാണ് അതുകൊണ്ട് ഈ ഡോക്ടർ പറയുന്ന കാര്യങ്ങളായി ഈ ഡോക്ടറിന് എൻ്റെ എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എൻ്റെ ബോഡിയിൽ നടക്കുന്ന കാര്യങ്ങൾ എൻ്റെ ദേഹത്ത് നടക്കുന്ന കാര്യങ്ങൾ ഈ ഡോക്ടറിനറിയാം പക്ഷേ സംതിങ് ഈ റോങ് ആണെങ്കിൽ ഈ ഡോക്ടറെ എനിക്ക് അതിനുള്ള തരുമെന്നറിയാം അവിടെയാണ് നമ്മൾ ടെസ്റ്റ് പലപ്പോഴും എൻ്റെ ജീവിതം ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ഈ ഡോക്ടറിൻ്റെ അടുത്ത് നമ്മൾ തന്നെ പറയുകയാണ് ഓക്കെ എനിക്കറിയാം എന്തൊക്കെയാണ് പോകുക എന്നുള്ള ഡോക്ടറിനോട് എനിക്ക് ഞാൻ പറയുന്ന മെഡിസിൻ കുറിച്ച് എന്തേക്കാൻ പറയുന്ന പോലെയാണ് വിശ്വാസം ആ താഴ്മ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ആ ഒരു പ്രിസ്ക്രിപ്ഷൻ എന്തായാലും അറിയുന്ന ഒരു ദൈവം ഇപ്പം നമ്മുടെ ഈ ഈ ഹില്ല സ്റ്റേഷനിൽ ഈ ഡോക്ടർ എന്നൊക്കെ പറയുന്നത് ദൈവം എന്ന് പറഞ്ഞാൽ വൈദ്യൻ ഒരിക്കലും തെറ്റിപ്പോകത്തില്ല അപ്പം ഈ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജ് വണ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങൾ നമുക്ക് തന്നിരിക്കുന്നതെന്ന് പറയാമോ നമുക്ക് പ്രിസ്ക്രിപ്ഷൻസ് ആ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കുറിപ്പാണ് അപ്പോൾ നമ്മളേതെങ്കിലും ഒരു മെഡിസിൻ കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ ടേസ്റ്റുമൊക്കെയാണോ കഴിക്കുന്നത് അങ്ങനെ ആരെങ്കിലും ഒന്നും ചെയ്യുമെന്ന് തോന്നില്ല അല്ലേ ഒരു ഒരു ഒരു ഒരു മെഡിസിൻ ഡോക്ടർ തരുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റോ സൈസോ അതൊന്നും നോക്കാറില്ല നമുക്ക് ഒറ്റ കാര്യം നമുക്കറിഞ്ഞാൽ മതി ഇതാരാണ് പ്രിസ്ക്രൈബ് ചെയ്ത് ഇത് ആരാണ് കുറിച്ച് തന്നത് റൈറ്റ് നമ്മുടെ അയലോകംകാരണന്നെങ്കിൽ നമ്മൾ ഒരിക്കലും അതെടുക്കാൻ പോകുന്നില്ല പക്ഷേ ഒരു ഡോക്ടറെ തന്നെങ്കിൽ അതിൻ്റെ മെഡിസി അതിൻ്റെ ടേസ്റ്റോ ഒന്നും നമുക്ക് വിഷയമേ അല്ല ദൈവക്കളെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ദൈവവചനത്തെ തന്നിരിക്കുന്നത് പല പ്രയാസങ്ങൾ പല കാര്യങ്ങളും നമുക്ക് ദൈവം തന്നിരിക്കുന്നത് പലപ്പോഴും ഫായിട്ടുള്ള കാര്യങ്ങളിപ്പം നമ്മൾ തന്നെത്തേനെ ത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് അനുഗമിക്കുക അതത്ര വളരെ എക്സൈറ്റിങ് ആയിട്ടുള്ള കാര്യമല്ല പക്ഷേ ഇനോവാൾ ആരാ അത് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുമാണ് പറഞ്ഞിരിക്കുന്നത് തന്നെത്താനെ കുരിശുമെടുത്ത് അനുഗമിക്കുക അല്ലെങ്കിൽ താഴ്മയോട് ജീവിക്കുക ഇതെല്ലാം സ്റ്റേജ് വണ്ണാണ് ഇത് സ്റ്റേജ് ടു അല്ലെ സ്റ്റേജ് വൺ ആണ് അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സത്യസന്ധരായിട്ട് ജീവിക്കുക അതുപോലെ താഴ്മയോടെ ജീവിക്കുക നമ്മൾ ഒത്തിരിയും കേട്ടുവരുത് താഴ്മയോടെ ജീവിക്കുക എന്നുള്ളത് എന്തുവാണീ താഴ്മയോടെ ജീവിക്കുക എന്ന് പറഞ്ഞത് എപ്പോഴും നമുക്ക് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് താഴ്മയോടെ ജീവിക്കുക എന്നുള്ളത് കാരണം നമ്മൾ ഓരോരുത്തരും നമുക്കറിയാം നമ്മുടെ ജഡത്തിൻ്റെ ശക്തി നമുക്കറിയാം ഞാൻ എപ്പോഴും എനിക്ക് ദൈവം തന്ന ഒരു ഒരു ഒരു ഇല്ലസ്ട്രേഷൻ ഇങ്ങനെയാണ് ദൈവം എന്നെ കാണിച്ചിരുന്നത് ജീവിതം എങ്ങനെയായിരുന്നു ഉള്ളത് ഇപ്പം ഞാനൊരു സിംഹാസനത്തിൽ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പം എല്ലാവരും വന്ന് തന്നെ സെർവ് ചെയ്യും എൻ്റെ ഭാര്യ പിള്ളേർ എല്ലാവരും വന്നിങ്ങനെ സേർ ചെയ്യും അപ്പോൾ ഒരാൾ കാപ്പി കൊണ്ടുവരുന്നത് കാപ്പി കൊണ്ടുവരുന്നപ്പോൾ അതിനകത്ത് ഇച്ചിരി ഷുഗറിൻ്റെ ലെവൽ കുറവാണ് അപ്പം ഞാനൊരു രാജാവുവാണെങ്കിൽ എനിക്ക് ഡെഫിനറ്റ്ലി എനിക്ക് അവരോട് ദേഷ്യപ്പെടാം കാരണം എങ്ങനെ നിനക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നു അതിൻ്റെ ഉപ്പ് ശരിയായില്ല അപ്പം അവരോട് ഞാൻ ദേഷ്യപ്പെടുന്നു അപ്പം ഒരു രാജാവിന് ശരിക്കും ദേഷ്യപ്പെടാനുള്ള എല്ലാ അവകാശമുണ്ട് പക്ഷേ ഒരു ഭൃത്തിയായിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അങ്ങനെ ഒരു അവകാശ ഒരു ഒരു സെർവൻ്റ് ആയിരിക്കുന്നയാൾക്ക് അങ്ങനെ ഒരു രക്ഷപ്പെടാത്ത കാരണം അവർക്ക് അങ്ങനെ ഒരു റൈറ്റേയില്ല പക്ഷേ ഒരു രാജാവാണെങ്കിൽ എപ്പോഴും അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ് നമ്മുടെ സ്വയം എന്നുള്ളത് നമ്മുടെ ഒരു രാജാവായിട്ടാണ് നമ്മൾ വാഴുന്നത് അപ്പം ക്രിസ്ത്യ നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞത് നമ്മൾ രക്ഷിക്കപ്പെടുന്ന സമയം മുതൽ നമ്മൾ മരിക്കുന്ന നമ്മൾ കർത്താവിനെ കാണുന്ന വരെ നമ്മളീ ഈ സിംഹാസനത്തെ നമ്മളെ തന്നെ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് മാറ്റി ഏറ്റവും താഴെ കൊണ്ടുവരിക ജോൺ ദ ബാപ്റ്റിസ്റ്റ് പറഞ്ഞ ഓർക്കൊന്നും ഉണ്ടല്ലോ അല്ലെ ഞാനോ കുറയണം അവനോ വളരെയണം സി അത് നമ്മുടെ ചുമതലയാണ് ദൈവം അല്ല നമ്മളെ താഴ്ത്തുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് താഴ്ത്തുക എന്നുള്ളത് ആരുടെ ചുമതലയാണ് ആളുടെ ചുമതല അത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ് പലപ്പോഴും നമ്മൾ ദൈവമേ നീ എന്നെ താഴ്ത്തിന്ന് കുഴപ്പമില്ല പ്രാർത്ഥിക്കുന്നു പക്ഷേ താഴ്ന്ന നമ്മളെ തന്നെ താഴ്ത്തുക എന്നുള്ളത് നമ്മുടെ ഓൺ ജോലി അത് ഈ സ്റ്റേജ് വൺ ആണ് ഈ വെള്ളം ആ ഭരണിക്കകത്ത് ഒഴി ഒഴിക്കുന്നതിൻ്റെ സമമാണ് നമ്മൾ പലപ്പോഴും ഒഴിക്കും ഇത് എന്നെ കൊണ്ട് സാധ്യമല്ല യെസ് കർത്താവ് ഒരിക്കലും നമ്മളോട് നമ്മളാൽ പറ്റാത്ത ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല സത്യസന്ധരായിട്ട് ജീവിക്കുക താഴ്മയോടെ ജീവിക്കുക വിശ്വാസത്താൽ ജീവിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ദൈവം നമ്മൾക്ക് ഓരോരുത്തരോടും നമ്മളോട് പറഞ്ഞിരിക്കുന്ന നമ്മളാൽ സാധിക്കുന്ന കാര്യമാണ് ഇപ്പം ഞാനിപ്പം ജോസ് ബദനോട് ഇങ്ങോട്ട് വരാൻ പറയുകയാണെങ്കിൽ ജോസ് ബദറിൻ്റെ ഡെഫിനറ്റ്ലി എഴുന്നേറ്റ് വരാൻ പറ്റും അല്ലേ പക്ഷേ ജോസ് ബദനെ ഒരാളെങ്കിലും ഒരു വലിയ കയറിട്ട് അവിടെ കെട്ടിവച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ ജോസ് ബദനോട് വരാൻ പറഞ്ഞാൽ വരാൻ പറ്റുമോ പറ്റത്തില്ല കാരണം ജോസ് ബദന ആഗ്രഹം ഉണ്ടെങ്കിലും പറ്റത്തില്ല പക്ഷെ കയറൊന്നും കെട്ടിയിട്ടില്ലെങ്കിൽ ഞാനിങ്ങനെ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പറ്റും പലപ്പോഴും ക്രിസ്ത്യാനികൾ ജീവിക്കുന്നത് ഇങ്ങനെ ഒരു കയറ് നമ്മളെ കെട്ടിയിട്ടിരിക്കുന്ന പോലെയാണ് ഓ എനിക്കിതൊന്നും പറ്റത്തില്ലെന്ന് പറയുന്നത് പക്ഷേ കർത്ത ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നുമായവരെ നിങ്ങൾ എൻ്റെ അരികിൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക ആ സ്വസ്ഥതയെക്കുറിച്ച് നമ്മൾ കേട്ടോ റൈറ്റ് ഇതെല്ലാം ദൈവത്തിൻ്റെ സൈഡ് ദൈവം നമുക്ക് അതുപോലെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അഷ്വറൻസ് രക്ഷയുടെ ഉറപ്പെന്ന് പറയുന്ന ഏതാണ് ദൈവം നമുക്ക് ഈ കാര്യങ്ങളെല്ലാം സാധിച്ചു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഈ സമൃദ്ധിയായിട്ടുള്ള ജീവൻ ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുവാ ഈ മൂന്ന് കാര്യങ്ങളിൽ നമ്മൾ കെയർഫുൾ ആയിട്ടില്ലെന്നുള്ളതാണ് അപ്പോൾ ഒന്ന് ആലോചിച്ചോ ഇത് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്കാണ് ദൈവം തന്നിരിക്കുന്ന കാര്യങ്ങൾ റൈറ്റ് ഇപ്പം നിങ്ങൾ കേട്ടോസ്റ്റേഷൻ ആയിരിക്കും ഒരു വൺ ഇൻടേം ലൈക്ക് ഇപ്പോൾ ഒരു ഒന്ന് നമുക്ക് ലെഫ്റ്റ് സൈഡിലുണ്ടെങ്കിൽ ഒരു പൂജ്യം കൂടി ആഡ് ചെയ്താൽ എത്രയാവത് പത്തായി ഒരു പൂജ്യം കൂടി ആഡ് ചെയ്താലോ നൂറായി ഇങ്ങനെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും പക്ഷേ ആ ഒന്നില്ലെങ്കിലും നമ്മൾ എത്ര പൂജ്യം ആഡ് ചെയ്താലോ എന്തോ പറ്റുന്നത് ഒരു വ്യത്യാസവും അപ്പം ഈ ഒന്നെന്ന് പറയുന്ന ദൈവം തന്നിരിക്കുന്ന കാര്യങ്ങളാണ് എന്തുകൊണ്ട് നമുക്ക് ദൈവം ദാനമായിട്ട് തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ നമ്മൾ ഒരിക്കലും അതിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ദൈവത്തിൻ്റെ കൃപ അല്ല റോമൻ സിക്സ് ഫോർട്ടീനിൽ പാപം നിങ്ങളുടെ മേൽ അതന്നെ അപ്പം ജോൺ വൺ സെവൻറ്റീനിൽ പറയുന്ന ആൻഡ് ട്രൂത്ത് കീം വിത്ത് ജീസസ് ക്രൈസ്റ്റ് ഇതെല്ലാം ദൈവം നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പോയി ദൈവത്തിൻ്റെ വചനം കൊണ്ടുവരേണ്ട കാര്യമില്ല ദൈവത്തിൻ്റെ വചനം നമുക്ക് ദൈവം ഫ്രീ ആയിട്ട് തന്നിരിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇതാർക്കാണ് ദൈവം നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഓരോ ദൈവമക്കളായ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കാര്യം ഇതാണ് ഈ വണ് എന്ന് പറയുന്നത് റൈറ്റ് അത് നമുക്ക് ഒരിക്കലും ഡ്രീം ചെയ്യാൻ പോവുകയും കാര്യമാണ് ദൈവം നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സീറോ എന്ന് പറയുന്നത് എന്താ പറയുക നമ്മൾ താഴ്മയായിട്ട് ജീവിക്കുമ്പോഴത്തേക്ക് നമ്മൾ സത്യസന്ധരായിട്ട് ജീവിക്കുന്നതും നമ്മൾ വിശ്വാസത്താൽ ജീവിക്കുന്നത് റൈറ്റ് അവിടെയാണ് ഈ ദൈവം തന്നിരിക്കുന്ന ഈ ഒന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ സീറോ എന്തു ചെയ്യുന്നത് അതിൻ്റെ വാല്യൂ കൂടുവാ ചെയ്യുന്നു പക്ഷേ ഈ ഒന്നില്ലെങ്കിലും നമ്മൾ എന്തുമാത്രം താഴ്മയായിട്ട് ജീവിച്ചാലും നമ്മളെത്മാത്രം സത്യസന്ധരായിട്ട് ജീവിച്ചാലും നമ്മളെത്മാത്രം വിശ്വാസമായിട്ട് ജീവിച്ചാലും ഒരു പ്രയോജനമില്ല പക്ഷേ ഈ ഒന്നിവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഈ ഓരോ സീറോ എന്ന് പറയുന്നതും വളരെ വാല്യൂബിളാണ് സീ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കർത്താവ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമുക്കിത് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് അപ്പം നമുക്കെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയായിട്ടുള്ള ജീവൻ നമ്മൾ അനുഭവിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ തന്നെ ഇങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ടാണ് പല മനുഷ്യനും നമ്മൾ ചെയ്യുന്നത് രണ്ടുപേരും ഒരുമിച്ച് രക്ഷിക്കപ്പെടുന്നു ഒരേ സമയത്ത് പക്ഷേ പത്ത് വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരാളുടെ ജീവിതം വളരെ നന്നായിട്ട് പോകുന്നു ഒരാളുടെ ജീവിതം വളരെ ശാലവായിട്ട് പോകുന്നു അതിൻ്റെ അർത്ഥം എന്തുവാ ഒരാൾ വളരെ കെയർഫുള്ളാണ് ഈ മൂന്ന് കാര്യങ്ങളിൽ അപ്പം ദൈവക്കളെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എപ്പോഴും ഇതാണ് ഈ നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ദൈവം ഒരിക്കലും നമ്മളെക്കുറിച്ച് നമുക്ക് പറ്റത്തില്ലാത്ത കാര്യം ഒരിക്കലും ദൈവം നമ്മളെക്കുറിച്ച് ചെയ്യാൻ പറയത്തില്ല പക്ഷെ ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ വളരെ സിംപിളായിട്ടുള്ള കാര്യങ്ങളാണ് ആ കാര്യത്തിൽ നമ്മൾ നമ്മൾ സന്തോഷമായി ആ കാര്യത്തിൽ നമ്മൾ ീ നമ്മൾ അതുപോലെ നമ്മൾ ഉത്സാഹത്തോട് ജീവിക്കുവാണെങ്കിൽ ആ നമ്മളെ തന്നെ താഴ്ത്താനായിട്ട് എപ്പോഴും തന്നെ നമ്മളാ പ്രിസ്ക്രിപ്ഷൻ്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ നമ്മൾ ഒരിക്കലും ദൈവമായി നീ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഒരിക്കലും അതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനില്ല കർത്താവിൻ്റെ വചനത്തിന് നമ്മൾ കേൾക്കുവാണ് എല്ലാറ്റിനും എപ്പോഴും സ്വാത്രം ചെയ്യുമെന്ന് പറയുമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും കർത്താവ് ഞാൻ നിനക്ക് സ്വാത്രം കയറിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ നിനക്ക് നന്ദി കയറിയിട്ടുണ്ട് എനിക്കത് മനസ്സിലാകേണ്ട കാര്യമില്ല ഞാൻ കഴിഞ്ഞ ഒരു പൈലറ്റിൻ്റെ ഹില്ല പറഞ്ഞ പോലെ ഒരു ഞാനിപ്പോഴും ഒരു ഇങ്ങനെ വന്ന വർഷ സമയത്ത് ആ എമിറേറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്ലെയിനിലേക്ക് കയറും അവിടെ ഒരു പൈലറ്റ് പൈലറ്റിൻ്റെ സ്ഥാനത്തിരിപ്പുണ്ട് അവനൊരു എമിരേറ്റ്സ് എന്ന് പറഞ്ഞ എയർലൈൻസിൻ്റെ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ടായിരിക്കുന്നത് അങ്ങനെയൊരു പൈലറ്റ് അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ വേറൊന്നും അറിയേണ്ട കാര്യമില്ല എനിക്കവിടെ ഇരുന്ന് സമാധാനമായിട്ടിരിക്കാം പക്ഷെ ഞാൻ ആ പ്ലെയിനിലേക്ക് കയറുമ്പോഴത്തേക്ക് അവിടെ ഒരു കുരങ്ങായിരിക്കുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നത് എനിക്ക് ഒരിക്കലെങ്കിലും സമാധാനത്തിരിക്കാൻ പറ്റുമോ പറ്റത്തില്ല കാരണം എനിക്കറിയാം ഈ കുറേ ഇങ്ങനെ ഓടിക്കാൻ അറിയത്തില്ല അല്ലെങ്കിൽ ഒരിക്കൽ എൻ്റെ ഇപ്പം ഞാൻ അറിയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഇരിക്കുകയെന്ന് വെച്ചു പൈലറ്റിൻ്റെ സാന്നിധ്യത്തിരിക്കുക അപ്പം എനിക്ക് ഒരിക്കലും സമാധാനം അവിടെ ഓടിക്കാൻ പറ്റത്തില്ല പക്ഷേ ആ പൈലറ്റ് ഒരു പൈലറ്റ് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ പൈലറ്റ് ഈ എമിറേറ്റ്സിൻ്റെ ഡ്രസ്സ് കിട്ടാതിരിക്കുന്നെങ്കിൽ പിന്നെ എനിക്ക് ഈ പൈലറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് തോന്നി എനിക്ക് കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന എമിരേറ്റ്സ് എന്നു എയർലൈൻസ് അവരുടെ പൈലറ്റ്സിനെ നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട് പക്ഷേ പക്ഷേ വൺസ് ആ പൈലറ്റിന് ഈ കാര്യങ്ങളെല്ലാം അറിയാമെങ്കിൽ എനിക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് പറയുക നമ്മൾ ആ എയർപ്ലൈനിൽ ഇരുന്നിട്ട് വളരെ പ്രയാസപ്പെടുവാണ് അയ്യോ ഇതിൻ്റെ ഈ ഫ്യൂവൽ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എനിക്കറിയത്തില്ലല്ലോ ഇങ്ങനെ ഞാനിങ്ങനെ കൂലംഘമായിട്ട് ചിന്തിക്കുക എനിക്കിത് അറിയത്തില്ല ഇത് ഞാൻ എങ്ങനെ എവിടെയെന്ന് ഞാൻ വളരെ പ്രയാസപ്പെടുവാണ് പക്ഷേ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇത്രയേ ഉള്ളൂ അവിടെ ഒരു പൈലറ്റ് ഉണ്ടോ നീ പിന്നെ വേറെ ഒന്നിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല ആ പൈലറ്റ് അവിടെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ജോലിയാണ് ആ പൈലറ്റ് അവിടെ ഉണ്ടോയെന്ന് അറിയാം എന്നാണ് അതാണ് നമ്മുടെ ചുമതല അതായത് യേശുക്രിസുവാണോ നമ്മുടെ ജീവിതത്തിൻ്റെ പൈലറ്റ് ആ യേശുക്രിസുവാണോ നമ്മുടെ ജീവിതത്തിൻ്റെ പൈലറ്റ് എങ്കിൽ നമ്മൾ വേറെ ഒന്നിനെ കുറിച്ചും വ്യർത്ഥപ്പെട്ടിട്ട് കാര്യമില്ല ആ സാം ഫോർട്ടി സിക്സ് ഇംഗ്ലീഷിൽ വളരെ മനോഹരമായിരിക്കും സീസ് ഫ്രം സ്ട്രൈവിംഗ് നമ്മുടെ ഓൺ ബുദ്ധിയും നമ്മുടെ ഓൺ ശക്തിയിലും അത് നിർത്താനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത് പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നമ്മൾ നേരത്തെ കേട്ട ദൈവം ആ ദൈവം ഓൾസോ നമുക്ക് ഒരു ഫ്രീ വില് തന്നിട്ടുണ്ട് നമ്മളെ നമ്മളെ തന്നെ താഴ്ത്തി ദൈവം എത്ര ശക്തി ആ ദൈവത്തിന് നമ്മളെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മളാണ് ഏറ്റവും വലിയ ഹിൻഡ്രൻസ് അതിന് അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ വിശ്വസ്തരായിരിക്കുവാണെങ്കിൽ ദൈവം അൺലിമിറ്റഡ് ആണ് ദൈവത്തിന് നമ്മളെ നമ്മളെ കൊണ്ട് ഈ ലോകത്ത് ചെയ്യാൻ പറ്റുന്ന പറയുന്നത് അപ്പോൾ അതുപോലെ ഒരു ദൈവീ സമാധാനത്തിൽ ജീവിക്കുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്നത് അതിന് ദൈവം നമ്മളെ സഹായിക്കുവാനാണ്